ദ്ധ്യായം പത്തൊൻപത് അതിന്റെ ശേഷം അമ്മൂന്യരുടെ രാജാവായ നാഹാസ് മരിച്ചു അവന്റെ മകൻ അവന് പകരം രാജാവായി അപ്പോൾ ദാവീത് നാഹാസ് എനിക്ക് ദയ കാണിച്ചതുകൊണ്ട് അവന്റെ മകനായ ഹാനുന് ഞാനും ദയ കാണിക്കും എന്ന് പറഞ്ഞു അങ്ങനെ അവന്റെ അപ്പനെക്കുറിച്ച് അവനോട് ആശ്വാസവാക്കു പറവാൻ ദാവീദ് ദൂതന്മാരെ അയച്ചു ദാവീദിന്റെ ദൂതന്മാർ അമ്മോന്യരുടെ ദേശത്ത് ഹാനുവിന്റെ എടുക്കൽ അവനെ ആശ്വസിപ്പിപ്പാൻ വന്നപ്പോൾ അമ്മോന്യ പ്രഭുക്കന്മാർ ഹാനുവിനോട് ദാവീദ് നിന്റെ അപ്പനെ ബഹുമാനിച്ചിട്ടാകുന്നു നിന്റെ അടുക്കൽ ആശ്വസിപ്പിക്കുന്നവരെ അയച്ചിരിക്കുന്നത് എന്ന് നിനക്ക് തോന്നുന്നുവോ ദേശത്തെ പരിശോധിപ്പാനും മുടിപ്പാനും ഒറ്റുനോക്കുവാനുമല്ലയോ അവന്റെ ഭൃത്യന്മാർ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഹാനൂൻ ദാവീദിന്റെ ഭൃത്യന്മാരെ പിടിച്ച് ക്ഷൌരം ചെയ്യിച്ച് അവരുടെ അങ്കികളെ നടുവിൽ ആസനം വരെ മുറിച്ചു കളഞ്ഞ് വിട്ടയച്ചു ചിലർ ചെന്ന് ആ പുരുഷന്മാരുടെ വസ്തുത ദാവീദിനെ അറിയിച്ചു അവർ ഏറ്റവും ലജ്ജിച്ചിരിക്കിയാൽ അവൻ അവരെ എതിരേൽപ്പാൻ ആളയച്ചു നിങ്ങളുടെ താടി വളരുന്നതുവരെ എരിഹോവിൽ പാർത്തിട്ട് മടങ്ങിവരുവേനെന്ന് രാജാവ് പറയിച്ചു തങ്ങൾ ദാവീതിന് വെറുപ്പായി എന്ന് അമ്മൂഞ്ഞർ കണ്ടപ്പോൾ ഹാനൂനും അമ്മൂന്യരും മെസോപ്പൊത്യോമിയയിൽ നിന്നും മയഖയോട് ചേർന്ന അരാമിൽ നിന്നും സോബയിൽ നിന്നും രഥങ്ങളെയും കുതിരപ്പടയാളികളെയും ആയിരം തലന്ത് വെള്ളി കൊടുത്ത് കൂലിക്കുവാങ്ങി അവർ മുപ്പത്തിയിരായിരം രഥങ്ങളെയും മയഖാ രാജാവിനേയും അവന്റെ പടജനത്തെയും കൂലിക്കുവാങ്ങി അവർ വന്ന് മെതേബയ്ക്ക് മുമ്പിൽ പാളയമിറങ്ങി അമ്മൂന്യരും അവരുടെ പട്ടണങ്ങളിൽ നിന്ന് വന്നുകൂടി പടയ്ക്ക് പുറപ്പെട്ടു ദാവീതത് കേട്ടപ്പോൾ യോവാബിനെയും വീരന്മാരുടെ സകല സൈന്യത്തെയും അയച്ചു അമ്മോന്യർ പുറപ്പെട്ട് പട്ടണത്തിന്റെ പടിവാതിക്കൽ പടയ്ക്ക് അണിനിരന്നു വന്ന രാജാക്കന്മാരോ തനിച്ച് വെളിംപ്രദേശത്തായിരുന്നു തന്റെ മുമ്പിലും പിമ്പിലും പടനിരന്നിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ യോവാബ് എല്ലാ ഇസ്രയേൽ വീരന്മാരിൽ നിന്നും ആളുകളെ തെരഞ്ഞെടുത്ത് അരാമ്യർക്കെതിരെ അണിനിരത്തി ശേഷം പടജനത്തെ അവൻ തന്റെ സഹോദരനായ അബിഷായിയെ ഏൽപ്പിച്ചു അവർ അമൂന്യർക്കെതിരെ അണിനിരന്നു പിന്നെ അവൻ അരാമ്യർ എന്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ നീ എനിക്ക് സഹായം ചെയ്യണം അമ്മോന്യർ നിന്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ ഞാൻ നിനക്ക് സഹായം ചെയ്യും ധൈര്യമായിരിക്ക നാം നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിന്റെ പട്ടണങ്ങൾക്കും വേണ്ടി പുരുഷത്വം കാണിക്കുക യഹോവയോ തനിക്കിഷ്ടമായത് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു പിന്നെ യോവാബും കൂടെയുള്ള ജനവും അരാമ്യരോട് പടയ്ക്കെടുത്തു അവർ അവന്റെ മുമ്പിൽ നിന്ന് ഓടി അരാമ്യർ ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അമ്മോന്യരും അതുപോലെ അവന്റെ സഹോദരനായ അബിഷായിയുടെ മുമ്പിൽ നിന്ന് ഓടി പട്ടണത്തിൽ കടന്നു യോവാ യെരുഷലമിലേക്ക് പോന്നു തങ്ങൾ ഇസ്രയേലിനോട് തോറ്റുപോയി എന്ന് അരാമ്യർ കണ്ടപ്പോൾ അവർ ദൂതന്മാരെ അയച്ച് നദിക്കക്കരെയുള്ള അരാമ്യരെ വരുത്തി ഹദദേസറിന്റെ സേനാപതിയായ ഷോഫക് അവരുടെ നായകനായിരുന്നു അത് ദാവീദന് അറിവ് കിട്ടിയപ്പോൾ അവൻ എല്ലാ ഇസ്രയേലിനെയും കൂട്ടി യോർദാൻ കടന്ന് അവർക്കെതിരെ ചെന്ന് അവരുടെ നേരെ അണിനിരത്തി ദാവീദ് അരാമ്യർക്ക് നേരെ പടയ്ക്ക് അണിനിരത്തിയ ശേഷം അവർ അവനോട് പടയേറ്റു യുദ്ധം ചെയ്തു എന്നാൽ അരാമ്യർ ഇസ്രയേലിന്റെ മുമ്പിൽ നിന്ന് ഓടി ദാവീദ് അരാമ്യൽ ഏഴായിരം തേരാളികളെയും നാൽപ്പതിനായിരം െയും നിഗ്രഹിച്ചു സേനാപതിയായ ഷോഫക്കിനെയും കൊന്നുകളഞ്ഞു ഹദദേസറിന്റെ ഭൃത്യന്മാർ തങ്ങൾ ഇസ്രയേലിനോട് തോറ്റുപോയെന്ന് കണ്ടിട്ട് ദാവീദിനോട് സന്ധി ചെയ്തു അവന് കീഴടങ്ങി അമൂന്യരെ സഹായിപ്പാൻ അരാമ്യർ പിന്നെ തുനിഞ്ഞതുമില്ല